ചിന്യ വൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേമി തന്തില മഹരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗി വ്യോമവത് വ്യക്തദേഹിമൂർത്തമഹിമധ്യം നി കരചരണം നമഗോത്രം നൂത്രം നോജാതിനൈവ വർണ്ണുതി പുരുഷോ നംസം നീ നി ജനമരണം നാപം തോ തും സഹജ സമരസം സദ്ഗുരു തരംഭാചാര്യമധ്യമാ അസ്മദാചാര്യപര്യ വന്ദേ ഗുരുപരം പരാഖ്യകട്രഹ്മത്തും യുവാനർത്തേവ സദൃശിഗണൈരാവൃത ബ്രഹ്മനിഷ്ടൈ ചാര്യന് കരകളിതിന്മുദ്രമാനന്ദമൂർത്തിവാത്മാരാമു മുദിമൂർത്തിമീഡേ വേദന്വിസകാതയേ ശാത്തയ സാന്നിഗേേന്ദ്രസംഘവവേ യോഗീന്ദ്രവന്ദോഹധ്വാദിവാകരാഗവത്പാദിതിഭ്രേ नमोस्तु अपार തസ്മൈ ഭാഷ്യമോസ്തു സൂർണയ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തമണം ഗഭീരം ചിന്വിഹീനം ഹൃദ ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിർന്നോ നഹം തത്തദാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവത്ത ാവയു കു വരധിയ ദൃഷ്ടാത്മനിഷ്ടാത്മന സോഹം സ്ഫൂർത്തിയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണപൂർണസുധബ്ധേ കവളിദനവിരണാവലിയ അരുണാചല പരമാരുണോഭവ ചിത്തകുവിയ രുണാചലഭൂ സ്ഥിര പ്രലീനമേതച്ചിത്രം ഹൃദ്യഹിത്മതയാഭോ തേ വദി ഹൃദയം നാമ അഹമിതി കൂത ആയാതീന് പ്രവിഷ്ടയാമലധിയ അവഗമ്യ സ്വം ൂപ്പം ശാമ്യരുണാചലത്വനദീവാധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാ ത പശ്യതി യോഗ ദീധിരി അരുണാചലവി മഹീയം തേ ർപ്പനസം പശ്യൻ സർവൃതിയ സതതും ഭജത്തെ അനന്യീത്യാ സജയചലി സുഖേ മഗ്നഹൃദയഗുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമഹ സാക്ഷാത്മരുപേണ ഭാതി ഹൃദിവിഷ മനസാ സ്വ ചിൻവതജതാ പവനചല റോധാ ആത്മനിഷ്ടോണ പ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചസരേക്ഷുചാ പ്രാണപ്രിയം നൌമു പിന്നാകേ കോണത്രയസ്തം കുലദൈവ നമിയാമീനേഖാലൃതകുന്താ ഭവാസന്ർവാപണസുധാനീഡോത്തുകളി ചഞ്ജത്ശിഖാഭസ്വരോ ലീലാദഗ്ധവിലോലകാമശലഭശ്രേയോദശാഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർതപാരമോഹതിമാഗ്ഭാരമുച്ഛാടയ ചേതോന വിജയത്തെ ജാനപ്രദീപോഹര ശാരദാരദാ ഭോജവദന വദനബുജേസ്മാക്കും സന്നിധി സന്നിധി കിയാ വിശ്യ മമവാചമാസുപാ സഞ്ജീവയ ഖില ശക്തിധരസ്വധാ അനാശഹസ്തരണവണത്വാദീൻ പ്രാണന്നോ ഭഗവത്തെ പുരുഷായത്രുപേണുഭിര പാർത്തിഹരോ ദഹം കൃ മൂർത്തി സാതുനഹം യജ്ജ്ജാതം ജഗത്സവം യന്നലീയത്തെ തസ്മൈ ജാത്മന ഒരു ജീവനെ അനുഗ്രഹിക്കണത് പലതരത്തിലാണ് ലോകത്തില് സാധാരണയായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ കഷ്ടം വരുമ്പോ വിഷമങ്ങൾ ലോകത്തിൽ എവിടെയും മുട്ടിയിട്ട് ശരിയാവണില്ലെങ്കിൽ ഒരിടത്തും പരിഹാരം കാണാൻ സാധിക്കാതെ വരുമ്പോൾ അപ്പൊ ഭഗവാന്റെ അടുത്ത് ഏതോ ഒരു രൂപത്തിൽ ഏതോ ഒരു ഭാവത്തിൽ നമുക്ക് അതീതമായ ശക്തി അത് ലോകത്തിൽ എവിടെ പോയാലും അവരവരുടേതായ പേര് അവരവരുടേതായ ഭാവം അവരവരുടേതായ രൂപം ഏതോ ഒരു രൂപത്തിൽ ആ ശക്തിയെ ആശ്രയിക്കും പക്ഷേ സാധാരണ ആ കഷ്ടം നിവൃത്തിയായി കഴിഞ്ഞാൽ അപ്പോ ഉണ്ടായിരുന്ന ഭക്തി ഉണ്ടാകും പക്ഷെ അത്രയധികം അതിന് ദാർഡ്യം ഇന്റൻസിറ്റിയും ഉണ്ടാവില്ല അതേപോലെ എന്തെങ്കിലും ആവശ്യം ആഗ്രഹം ധനം ധനം കിട്ടാനായിക്കൊണ്ട് ധനം എന്ന് വെച്ചാൽ ജോലി ആവട്ടെ സ്ഥാനമാനങ്ങളാവട്ടെ ഇതൊക്കെ ധനത്തിലുള്ള വഴിയായിട്ട് ഭഗവാനെ ആശ്രയിക്കുക ഈശ്വരനെ ആശ്രയിക്കുക അതിനെയും നമ്മൾ ഭക്തി എന്ന് വിളിക്കുന്നു അതും ആഗ്രഹിച്ചത് അല്പം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ നിവൃത്തിയാകും പക്ഷേ ഇതൊക്കെ തന്നെ സാധിക്കുമ്പോൾ അൽപ്പ അൽപ്പം ഈ മാർഗത്തിൽ ശ്രദ്ധ ഉണ്ടായി എന്ന് വരാം പക്ഷെ ആ ശ്രദ്ധ ശുദ്ധമല്ല ശ്രദ്ധ എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ശ്രദ്ധാമയോയം പുരുഷ ഭഗവാൻ തന്നെ ഗീതയില് പറയുന്നു നമ്മളുടെ വ്യക്തിത്വം ബീയിങ് എക്സിസ്റ്റൻസ് തന്നെ ശ്രദ്ധ കൊണ്ട് പിണഞ്ഞുകിടക്കുന്നു ശ്രദ്ധ നിറഞ്ഞുകിടക്കുന്നു നമ്മളെല്ലാം പക്ഷെ ഓരോരുത്തർക്കും ഓരോ വസ്തുവിൽ ശ്രദ്ധ യാദൃശി യാദൃശി ശ്രദ്ധ സിദ്ധിർഭവതി ശ്രദ്ധ എവിടെ ഉണ്ടോ അതിനനുസരിച്ച് അവന്റെ ധ്യാനം സങ്കല്പം അതിനനുസരിച്ച് കർമ്മം ചെയ്യും അതിനനുസരിച്ചുള്ളത് സമ്പാദിക്കും പണമാണ് ശ്രദ്ധയെങ്കിൽ പണം സമ്പാദിക്കും പേരും പ്രസിദ്ധിയുമാണെങ്കിൽ അത് സമ്പാദിക്കും വ്യാധി വരുമ്പോ ആരോഗ്യത്തിൽ ശ്രദ്ധ വരുമ്പോ ആരോഗ്യം സമ്പാദിക്കും അപ്പൊ ശ്രദ്ധ എങ്ങോട്ട് തിരിയുന്നു അതിനെ നേടിക്കൊടുക്കാനുള്ള ശക്തി ഈ ശ്രദ്ധയ്ക്കുണ്ട് പക്ഷേ ലൌകികമായി എന്തെങ്കിലും വിഷമങ്ങൾ വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് കഷ്ടങ്ങൾ വന്ന് ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ ആ കഷ്ടം നിവൃത്തിയായി കഴിഞ്ഞാൽ ഭഗവാനും നിവൃത്തമാവും ഈശ്വരനും നിവൃത്തമാവും ഭക്തിയും നിവൃത്തമാവും പൂർണ്ണമായി പോവില്ല അതിന്റെ വാസന കിടക്കും അതുകൊണ്ടാണ് ഋഷികൾ ആ മാർഗത്തിനെയും അംഗീകരിച്ചത് അർത്ഥോ ജിജ്ഞാസുഹു അർത്ഥാർത്ഥി അപ്പൊ എന്താ പ്രതീകാരം വ്യാധേഹേ സുഖമിതി വിപര്യസ്യതി ജനഹ ഭർതൃഹരി എന്നൊരു കവി അദ്ദേഹം പറഞ്ഞു വിശക്കുമ്പോ വിശപ്പ് എന്നുള്ളത് ഒരു സുഖക്കേടാണത്രെ വ്യാധി അപ്പൊ നല്ല വിധത്തില് ശാപ്പാടുണ്ടാക്കി കഴിക്കണം കുറച്ചു ദിവസം വിശന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മള് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഡോക്ടറെ കുറച്ചു ദിവസമായിട്ട് വിശപ്പേ ഇല്ല പറഞ്ഞ് വിശപ്പ് ഉണ്ടാവാനായിട്ട് മരുന്ന് കഴിക്കും അല്ലെ എന്നിട്ട് വിശന്നിട്ട് ഊണ് കഴിക്കും ആത്മീകി രാമായണത്തിൽ രാമനും ലക്ഷ്മണനും വിശപ്പ് മുതലായിട്ടുള്ള വികാരങ്ങളൊന്നും ബാധിക്കാതിരിക്കാനായിട്ട് വിശ്വാമിത്രൻ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു മന്ത്രം നമുക്ക് ആരെങ്കിലും തരികയാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു ഓടിപ്പോവും നമുക്ക് ആദ്യം ഒരു വ്യാധി വരണം എന്നിട്ട് അതിനൊരു മരുന്ന് കഴിക്കണം അപ്പൊ വ്യാധിയെ തന്നെ സുഖമായിട്ട് വ്യാധിക്ക് പ്രതീകാരത്തിന് സുഖമായിട്ട് ആളുകൾ തെറ്റുധരിക്കുന്നു എന്നാണ് ഭതൃഹരി പറഞ്ഞത് പ്രതീകാരം വ്യാധേഹേത് വിപര്യസ്യതി ജനഹ ഒരു വ്യാധിക്ക് ഒരു പ്രതീകാരം ചെയ്യുമ്പോ എന്ന് വെച്ചാൽ ഒരു ക്യൂർ നടത്തുമ്പോ അതിനെ സുഖം എന്ന ആളുകള് അജ്ഞാനം കൊണ്ട് തെറ്റുധരിക്കുന്നു അതേപോലെ നമ്മളുടെ ധനത്തിനുള്ള ആകാംക്ഷ വന്നു ധനം കിട്ടുമ്പോൾ തൽക്കാലത്തേക്ക് അത് അടങ്ങി വ്യാധി വന്നു വ്യാധി മാറുമ്പോൾ അടങ്ങി അപ്പോഴൊക്കെ സുഖം കിട്ടുന്നുണ്ട് വിശക്കുമ്പോ ഊണ് കഴിക്കുന്നു അപ്പൊ വിശപ്പ് തൽക്കാലത്തേക്ക് അടങ്ങി പിന്നെയും വിശക്കും രാമകൃഷ്ണപരമം സർ ഒരു ഉദാഹരണം പറയും കാലിലൊരു വ്രണം വന്നാൽ ചൊറിയുമ്പോ നല്ല സുഖം ഉണ്ടാവും പക്ഷെ ചൊറിയും തോറും ആ വ്രണം പെരുത്തുകൊണ്ടേയിരിക്കും എന്നാലും ചൊറിച്ചല്ല നിർത്തിലെ ആളുകൾ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ ചൊറിയണതാണോ സുഖം എന്ന് ധരിച്ചാൽ എങ്ങനെയുണ്ടാവും അതിനുവേണ്ടി ഒരു വ്യാധി വരുത്തി ചൊറിയ ഇതേപോലെ ലോകത്തില് നമുക്ക് സുഖമില്ല എന്നില്ല ലോകത്തിൽ സുഖമുണ്ട് പക്ഷെ ഈ സുഖമൊക്കെ തന്നെ അല്പ അല്പ നേരത്തേക്ക് നിൽക്കുന്നു പോകും അവസാനം നമ്മൾ സുഖം എന്ന് വിളിക്കുന്നത് പോലും ഒരു വിവേകം ഉദിക്കുമ്പോ തെളിയും തലവേദന വന്നു സഹിക്കവയ്യാത്ത തലവേദന അപ്പോ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് കഴിച്ചപ്പോ തലവേദന അടങ്ങി അന്നുമുതൽ ഞാൻ എല്ലാവർക്കും പ്രചരിക്കുകയാണ് പ്രചരിപ്പിക്കുകയാണ് ഈ പാരസെറ്റമോൾ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എന്തൊരു സുഖം അറിയോ എല്ലാവരും കഴിക്കൂ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും എനിക്ക് ഒരു വ്യാധിക്ക് മരുന്ന് പാരസെറ്റമാണ് ഒരു ഒരു ടാബ്ലറ്റ് ആ ടാബ്ലറ്റ് എല്ലാരും വ്യാധി ഇല്ലാത്തവരും കഴിക്കണം എന്ന് വെച്ചാലോ അപ്പൊ ആ ഒരു വ്യാധി ഇല്ലെന്ന് പറഞ്ഞാലോ നിങ്ങൾ വ്യാധി വരുത്തണം എന്നിട്ട് കഴിക്കണം ഒരു വ്യാധിയും ഇല്ലാതെ ഇരിക്കുന്നതാണ് സ്വരൂപം പക്ഷെ വ്യാധി വരുത്തി അജ്ഞാനം കൊണ്ട് നമുക്ക് ഫിസിക്കലായിട്ടുള്ള വ്യാധികൾ എന്തോ ഒരു ഡിസോർഡർ കൊണ്ട് വരുന്നതാണ് അതേപോലെ അകമയ്ക്കും അനേക വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹം എന്നൊരു വ്യാധി ആഗ്രഹം എന്നൊരു വ്യാധി ഇതിപ്പോ സാധാരണ അവസ്ഥയിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കാരണം അത്രയധികം ഇത് കൂടിപ്പോയിരിക്കണം ഒരു സൊസൈറ്റിയില് തലവേദന എന്നുള്ളത് ആങ്സെസ്ട്രൽ ക്വാളിറ്റി ആയിട്ട് മാറിയാൽ എങ്ങനെ ഉണ്ടാവും ആലോചിച്ച് നോക്കൂ പൈതൃകമായിട്ട് ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ തലവേദന ഉള്ളവരാണാണെങ്കിൽ അവർക്ക് തലവേദന രാവിലെ എണീറ്റാൽ കുറച്ചുനേരം ഉണ്ടാവും എന്നിട്ട് മരുന്ന് കഴിക്കുമ്പോൾ തലവേദന പോകും ദിവസം തലവേദന വരുകയും മരുന്ന് കഴിച്ച് തലവേദന മാറ്റുകയും അപ്പോ ഒരു സുഖം ഉണ്ടാവുകയും അതിനുവേണ്ടി അവർ പലതരം മരുന്നുകൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണെങ്കിൽ തലവേദനയെ ഇല്ലാത്ത ഒരാൾ അവിടെ വന്നു അയാൾ വന്നു പറഞ്ഞു നിങ്ങൾ എന്ത് വിഡിത്തമാ കാണിക്കുന്നത് ഇങ്ങനെ തലവേദനിച്ചുകൊണ്ടിരിക്കണോല്ലോ എന്ന് പറഞ്ഞാൽ അയാളെ ഇവരെന്തു പറയും പോടാ മടയാ തലവേദനയില്ലാത്തൊരു ജീവിതമോ ഞങ്ങൾ തലവേദന വന്നിട്ടില്ലെങ്കിൽ വൈദ്യന്റെ അടുത്ത് പോയിട്ട് തലവേദന വരാൻ ഒരു മരുന്ന് കഴിച്ചിട്ട് പിന്നെ മാറ്റും നമ്മളൊക്കെ ചിരിക്കണു നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അൺനാച്ചുറൽ ആയിട്ടുള്ള അനേകം വിധത്തിലുള്ള കുഴപ്പങ്ങൾ ഇറ്റ് ഈസ് നോട്ട് നാച്ചുറൽ പ്രകൃതമല്ലാത്തതായിട്ടുള്ള ചില ഡിസോർഡേഴ്സ് അതിൽ നിന്നാണ് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ആഗ്രഹമൊന്നും വേണ്ട ഭഗവാൻ തന്നെ ഗീതയിൽ പറയണത് അറിയോ ആഗ്രഹിക്കാതെ ഇരുന്നാലും നിനക്ക് എന്തെന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ ചെയ്തു തന്നോളാം ചെയ്തു തന്നോളാന്ന് വെച്ചാൽ കൃഷ്ണൻ എന്തോ പാർഷ്യാലിറ്റി കാണിക്കലല്ല ഭക്തനോട് പ്രകൃതിയിലെ എല്ലാ ജീവികൾക്കും ഭഗവാൻ അത് ചെയ്യണമുണ്ട് പ്രകൃതിയിൽ ആഗ്രഹിക്കാതെ തന്നെ എല്ലാ പ്രാണികൾക്കും അവരവർക്ക് ജനിച്ചത് മുതൽ എന്തൊക്കെ വേണോ അതൊക്കെ തന്നെ പ്രകൃതിക്ക് അതീതമായ ശക്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ മനുഷ്യന് മാത്രം ആഗ്രഹത്തിന്റെ പഴം തിന്നതുകൊണ്ട് ആഗ്രഹത്തിന്റെ വൈഷമ്യം അകമയ്ക്ക് കയറിയതുകൊണ്ട് പിന്നെ ആഗ്രഹിക്കുക ആഗ്രഹം പൂർത്തിയാക്കുക ആഗ്രഹിക്കുക ആഗ്രഹം പൂർത്തിയാക്കുക इन प्रती व्याधे सुखमी विपर्यति जनसानग्रह दुख मार अथवा ई दुख तीरा स्थिति वर्जुन ने भगवानो चोदिक कध्य अर्जुन चोदचु भगवाने विधतम को बाधिपा स्थित സദാശാന്തമായിട്ടുള്ളൊരു സ്ഥിതി ഉണ്ടോ എങ്ങനെ ഒരു മനുഷ്യന് പൂർണ്ണനായിട്ട് ഇരിക്കാൻ സാധിക്കും സ്ഥിതപ്രജ്ഞസ്യാ ഭാഷ സ്ഥിതപ്രജ്ഞ എന്നൊരു വാക്ക് ഭഗവാൻ അതിനു മുമ്പ് ഗീതയിൽ എവിടെയും പ്രയോഗിച്ചില്ല ആ ചോദ്യം തന്നെ കാണിക്കുന്നത് അർജുനൻ ഈ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം അറിയാം സ്ഥിതപ്രജ്ഞസ്യാ ഭാഷ സമാധിസ്ഥ കേശവ സ്ഥിതധീഹിക്കും പ്രഭാഷേത ഹിമാസീത പ്രജേതക്കും സ്ഥിതപ്രജ്ഞൻ ഉത്തമഭക്തൻ യോഗി ഗുണാതീതൻ എന്നൊക്കെ ഗീതയിൽ പല പേര് മാറി മാറി വരും ആളൊന്നു തന്നെ പേര് മാത്രം മാറി മാറി വരും സ്ഥിതപ്രജ്ഞന് എന്തൊക്കെ ലക്ഷണങ്ങൾ പറഞ്ഞു അതൊക്കെ തന്നെ ഭക്തന്റെ ലക്ഷണങ്ങളായിട്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ പറയും അത് തന്നെ ഗുണാതീതന ലക്ഷണമായിട്ട് പറയും അത് തന്നെ ജ്ഞാനിക്ക് ലക്ഷണമായിട്ട് പറയും യോഗിക്ക് ലക്ഷണമായിട്ട് പറയും അതൊക്കെ നമ്മളുടെ ലക്ഷണം രമണ മഹർഷി രമണാശ്രമത്തില് ഒരു ഞായറാഴ്ച ഒരു ദിവസം കുറേ മദ്രാസ് സാൻസ്ക്രിഡ് കോളേജ് പ്രൊഫസേഴ്സ് കുറച്ചുപേര് വന്നു എന്നിട്ട് അവർ വളരെ ആഴമായിട്ടുള്ള ചർച്ച പ്രൊഫസർ സ്വാമിനാഥൻ അദ്ദേഹമാണോ കൂട്ടിക്കൊണ്ടുവന്നത് യോഗവാസി ഇഷ്ടത്തിനെക്കുറിച്ചുള്ള ചർച്ച നടക്കാറ് ഇവര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭഗവാൻ യാതൊന്നിലും പങ്കെടുക്കാതെ ഉദാസീനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ യോഗവാസിഷ്ടത്തിനെക്കുറിച്ച് വളരെ നേരം ചർച്ച ചെയ്ത ശേഷം ഇതിൽ ഒരു പ്രൊഫസർ ചോദിച്ചു സ്വാമി എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് വാസിഷ്ടത്തിൽ വസിഷ്ഠൻ രാമന് തത്വോപദേശം ചെയ്തതായിട്ട് പറഞ്ഞു രാമൻ അവതാരപുരുഷനല്ലേ അപ്പൊ അവതാരപുരുഷൻ രാമൻ സ്വയമേവ മുക്തനാണ് അപ്പൊ മുക്തനായ രാമനാണോ വാഷ്ഠൻ തത്വോപദേശം ചെയ്തത് അഥവാ മുമുക്ഷുവായ രാമനാണോ വാസിഷ്ഠത്തിൽ രാമനെ മുമുക്ഷുവായിട്ട് പറയുന്നു മോക്ഷത്തിന് ഇച്ഛിക്കുന്നവനായിട്ട് പറയുന്നു മുമുക്ഷുരാമനുക്ക് ഉപദേശമാ ഇല്ലെ മുക്തൻ രാമനുക്ക് ഉപദേശമാ സാധാരണ മഹർഷി വളരെ പതുക്കെ ഉത്തരം പറയുന്നു ഈ ചോദ്യം കേട്ടത് അടുത്ത ക്ഷണം ഉത്തരം പറഞ്ഞു ഭഗവാൻ അത് മുമുക്ഷുരാമനുക്ക് ഇല്ല പോയി മുക്തൻ രാമനുക്കു ഇല്ല ഉണക്ക് താൻ ഈ ഉപദേശം മുമുക്ഷുരാമനും അല്ല മുക്തൻ രാമനും അല്ല തനിക്ക് തന്നെയാണ് അതേപോലെ ഗീതയിലെ ഉപദേശം അർജുനനല്ല എനിക്കാണ് എനിക്കാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്ന ചോദ്യവും പ്രജ്ഞാ സ്ഥിരമായ മനുഷ്യനെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ സാങ്ക്യയോഗത്തിൽ അവസാനം ചോദിച്ചു പ്രജ്ഞ സ്ഥിരമായവൻ എങ്ങനെ ഉണ്ടാവും പ്രജ്ഞ എന്ന് വെച്ചാൽ ഈശ്വര അനുഭൂതി നർത്ഥം ജ്ഞാനത്തിന്റെ ഭാഷയാണ് പ്രജ്ഞ ഭക്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവത് അനുഭവം യോഗത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യോഗാനുഭവം ഞാൻ വേറെ ഈ പ്രപഞ്ചത്തിന് കാരണമായ സത്ത വേറെ എന്നുള്ള വ്യത്യാസം പോയത് തത്വമി വാക്യാഭ്യം തത്വം പദാഭ്യം അഭിധീയമാനയോ ബ്രഹ്മാത്മനോ ശോധിതൃത്തി പ്രജ്ഞ എന്നുള്ളതിന് ആദിശങ്കരഭവത്പാദരുടെ വ്യാഖ്യാനമാണ് പ്രജ്ഞ എന്ന് വെച്ചാൽ നിർവികൽപ്പാച്ച ചിന്മാത്രാവൃത്തി ശുദ്ധ ചൈതന്യമാണ് എന്ന അനുഭൂതിയുള്ള വൃത്തി ഇപ്പൊ അദ്ദേഹം കൺഫ്യൂഷൻ പറഞ്ഞല്ലോ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ തീർക്കൽ ഇതൊക്കെ തന്നെ മനോമണ്ഡലത്തിലാണ് അനുഭൂതി മണ്ഡലത്തിൽ കൺഫ്യൂഷനും ഇല്ല കൺഫ്യൂഷൻ തീർക്കലുമില്ല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആളേ ഇല്ല അവിടെ എന്നിട്ട് വേണ്ടേ രണ്ടുമില്ല അവിടെ സംശയമേ ഇല്ല സംശയിക്കുന്ന ആളേ ഇല്ല സംശയം സംശയം തീർക്കൽ ഇതൊക്കെ മനോമണ്ഡലമാണ് അതുകൊണ്ടാണ് എപ്പോഴും ആ സത്സംഗത്തിൽ ആദ്യത്തെ ദിവസം വീണ്ടും വീണ്ടും ബോധിപ്പിക്കുന്നത് മനസ്സിലായില്ല എന്ന് വിചാരിക്കേണ്ട എന്നാണ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണ്ട ഈ പ്രജ്ഞ പ്രജ്ഞ എന്ന് പറയുന്നത് നമ്മളുടെ സ്വരൂപമാണ് നമ്മളാണത് ഞാൻ ആണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നതിന് പേരാണ് പ്രജ്ഞ ആ പ്രജ്ഞ ഇപ്പോ ശരീരം മനസ്സ് ഇതൊക്കെ കൊണ്ടും മറയപ്പെട്ടിരിക്കുന്നു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ മറയപ്പെട്ടിരിക്കുന്നു ദേഹം കൊണ്ടും മനസ്സുകൊണ്ടും ആ നിധിയെ നമ്മൾ മറച്ചു കളഞ്ഞിരിക്കുന്നു ഈ ദേഹവും മനസ്സും ഞാൻ അല്ല എന്ന് തെളിഞ്ഞാൽ അങ്ങനെ തെളിയണമെന്ന് പോലുമില്ല ശ്രദ്ധ ആ പ്രജ്ഞയിൽ വീണാൽ അത് സ്ഥിരമായ അനുഭവമായിട്ട് തീരും ആ സ്ഥിരമായ അനുഭവത്തിനെയാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണവും ഭഗവാൻ പറഞ്ഞു പ്രജഹാതി യഥാകാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞസ്തോച്ഛതേ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങളാണ് അതില് ആത്മന്യേവ ആത്മനാതുഷ്ട അതാണ് മുഖ്യമായ വാക്ക് തന്നിൽ താനായി തന്റെ സ്വരൂപത്തിൽ താൻ എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ ഞാൻ എന്നും താൻ എന്നും രണ്ടു വാക്ക് തമിഴിലുമുണ്ട് തുഞ്ചത്തെഴുത്തച്ഛനൊക്കെ ആത്മാവിനെ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ താൻ എന്നുള്ള വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമനന്ദമെന്തു ഹരി നാരായണായ നമ അവിടെ ഒക്കെ എന്നുള്ള വാക്കാണ് പ്രയോഗിച്ചത് തമിഴിയും നാൻ താൻ യാൻ എ താങ്കും അരുണഗിരിനാഥർ കന്ദർ അനുഭൂതിയിലെ പാടുത്തേ യാനാകിയെ വിഴുങ്ങി വെറും താനാകിയത് തത്പരമേ അപ്പുറക്ക അഹങ്കാരത്തെ കുറിക്കൂടൊൽ അഹങ്കാരത്തെ വിഴുങ്കി വിഴുങ്ങരത് മുഴുങ്ങി താനാകിയിരുന്നത് തത്പരമേ മലയാളത്തിലും ഇതേപോലെ തന്നെ ഋഷികൾ താൻ എന്നുള്ള വാക്ക് പ്രയോഗിച്ചിരിക്കുന്നു ഈ ഞാൻ എന്നുള്ളത് അഹങ്കാരത്തിനെ കുറിക്കുന്നതാണ് ശരീരം മനസ്സ് ബുദ്ധിയോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ജീവഭാവം അതിന് ജനനമുണ്ട് മരണമുണ്ട് പക്ഷെ ഈ ഞാൻ എന്നുള്ളത് ഏത് അധിഷ്ഠാനത്തിൽ നിൽക്കുന്നുവോ ആ അധിഷ്ഠാനത്തിനെ താൻ എന്നുള്ള ശബ്ദം കൊണ്ട് കുറിക്കുന്നു ആ താൻ എന്നുള്ളത് തന്നെ പ്രജ്ഞ താൻ എന്നുള്ള അനുഭവം തന്നെ പ്രജ്ഞ ആ അനുഭവത്തിനെ സ്ഥിരമായ അനുഭവമാക്കാമെങ്കിൽ നമ്മളെ വിട്ടത് നഷ്ടപ്പെടുകയേയില്ല അല്ലേ ശരീരം മാറിക്കൊണ്ടേയിരിക്കുന്നു മനസ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു നമ്മളുടെ ബന്ധുക്കളൊക്കെ നമ്മളെ വിട്ടുപോയാലും ഈ അനുഭവം നമ്മളെ വിട്ടുപോകില്ല മനോമണ്ഡലത്തിലുള്ള അനുഭവം നമ്മളെ വിട്ടുപോകും മാനസികമായ അനുഭവമൊക്കെ വിട്ടുപോയാലും ഈ തത്വത്തിന്റെ സ്വരൂപത്തിന്റെ സ്വത്വത്തിന്റെ അനുഭവം സ്വത അഴിയാതെ നിൽക്കണമതും ആ മാറാതെ യാതൊരു പരിണാമമില്ലാതെ നിൽക്കുന്ന ആ വസ്തുസത്തയെ അകമേ ഗ്രഹിക്കുന്നതിനു പേരാണ് ആത്മസാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ആളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പേരു കൊടുത്തിരിക്കുന്നു അവന് നിത്യനിരന്തരമായ ആനന്ദാനുഭവം ആ സ്ഥിതപ്രജ്ഞനെക്കുറിച്ചാണ് ഭഗവാന്റെ അടുത്ത് അർജുനന്റെ ഇവിടെ ചോദ്യവും സ്ഥിതപ്രജ്ഞസ്യ കാഭാഷ സമാധിസ്ഥ ജ്ഞാനികൾക്ക് രണ്ടു വിധത്തിലുള്ള സ്ഥിതി ഒന്ന് സമാധിസ്ഥിതി മറ്റൊന്ന് വ്യുത്ഥാന സ്ഥിതി ധ്യാനത്തിലിരിക്കുമ്പോഴുള്ള സ്ഥിതി സമാധിസ്ഥിതി അവിടെ പ്രപഞ്ചമില്ല ശരീരമില്ല ശുദ്ധമായ ചൈതന്യ അനുഭവം ബോധാനുഭവം ഭഗവത് അനുഭവം ആ സ്ഥിതി സമാധിസ്ഥിതി രാമകൃഷ്ണ പരമഹംസർ ഏകദേശം രണ്ടു മൂന്ന് മാസത്തോളം ആ അവസ്ഥയിലിരുന്നു എന്നാണ് തലയിലെ കുരുവിയൊക്കെ കൂട് കെട്ടി എന്നാണ് അപ്പോ പോലും അറിയാതെ അങ്ങനെയൊക്കെ എല്ലാവർക്കും വരണം എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ എല്ലാവർക്കും ഒന്നും അങ്ങനെ വരണമെന്നില്ല പല രീതിയിലും ആവാം രമണ മഹർഷിക്ക് ഏകദേശം അതുപോലെ തന്നെ അരുണാചലത്തിൽ പാതാളലിംഗത്തിൽ ബാഹ്യപ്രജ്ഞയെ ഇല്ലാതെ ഇരുന്നു ശരീരമൊക്കെ പ്രാണികൾക്കടിച്ച് ദ്രവിച്ചുപോയി എന്നിട്ട് പറഞ്ഞില്ല ആ സ്ഥിതി സമാധിസ്ഥിതി ധ്യാനസ്ഥിതി വ്യുത്താനസ്ഥിതി എല്ലാവരെയും കണ്ടുകൊണ്ടും വ്യവഹരിച്ചുകൊണ്ടും ഇരിക്കുന്ന അവസ്ഥ ഇവിടെ രണ്ടിനെക്കുറിച്ചും അർജുനൻ ചോദിച്ചു സമാധിസ്ഥ സ്ഥിതധീഹി കിം പ്രഭാഷേത്ത സമാധി വിട്ടുണർന്ന ജ്ഞാനി വർത്തമാനം പറയുവോ കിം ആസീത എല്ലാരെയും പോലെ ഇരിക്കുവോ വ്രജേത്ത ചലിക്കുവോ അയാൾക്ക് പോക്കോ ഒക്കെ ഉണ്ടോ കിം ആസീത കിം വ്രജയതക്കും പോക്കോ ഒന്നുമില്ലാത്ത സ്ഥിതിയാണ് സ്വരൂപസ്ഥിതി അതിനെ ശരീരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അർജുനൻ ചോദിക്കുന്നത് ജ്ഞാനിയുടെ അവസ്ഥകൾ എന്താണ് ഇതിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ സ്ഥിതപ്രജ്ഞലക്ഷണമായിട്ട് പറഞ്ഞ് അവസാനം അർജുനനോട് പറഞ്ഞു അർജുന ഈ സ്ഥിതിക്ക് ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനവം പ്രാപ്യ വിമുഖ്യത്തി സ്ഥിത്വാസ്യാ അന്ധകാലേപി ബ്രഹ്മനിർവാണമൃക്ഷത്തി ഈ സ്ഥിരപ്രജ്ഞസ്ഥിതിക്ക് ബ്രാഹ്മീ സ്ഥിതി എന്നുപേര് ബ്രഹ്മസ്ഥിതി എന്നുപേര് യോഗസ്ഥിതി എന്നുപേര് ഭഗവത് അനുഭവം എന്നുപേര് ഇത് മരണകാലത്തെങ്കിലും നേടാമെങ്കിൽ കർപ്പൂരം എരിഞ്ഞില്ലാതാവുന്ന പോലെ ബ്രഹ്മനിർവാണം റിച്ചതീനം ഈ ജീവൻ ബ്രഹ്മനിർവാണസ്ഥിതിയെ പ്രാപിക്കും മരണത്തിനു മുമ്പെങ്കിലും ഭഗവാനെ ഹൃദയത്തിലിരുത്തണം ശ്രമണമാലയിലൂതി കിടച്ചിട്ട് അനുഭൂതിയെ വിട്ട് നിലകിവിട്ട കഷ്ടമുടും മനസ്സു പ്രാരം പിടിച്ച് വിട്ടിടാതുണി ഉയർവിട്ടിട അരുൾപൊരി അരുണാചല അനുഭവത്തെ വിടാമവിടണം അനുഭൂതി നിലയിലേ വിലകാമെടുക്കണം മരണസമയത്തിലും മരണം വരുമ്പോഴും ആ അനുഭൂതി സ്ഥിതിയിൽ നിന്ന് അല്പം പോലും ചലിക്കാത്ത അവസ്ഥ ഉണ്ടാവണം അതിന് ബ്രാഹ്മീ സ്ഥിതി എന്ന് ഭഗവാൻ പേര് പറഞ്ഞു ആ ബ്രാഹ്മീസ്ഥിതി ഒരിക്കലെങ്കിലും ജ്ഞാനം അകമേക്ക് പ്രകാശിച്ചാൽ മരണസമയത്ത് അത് കൈവിടുകയേയില്ല അത് നമ്മളുടെ കൂടെ ഉണ്ടാവും പ്രജ്ഞ ഈ പ്രജ്ഞ എന്നുള്ള വാക്ക് തന്നെ ഇതാണ് മാനസികമല്ല അല്പമെങ്കിലും നമുക്ക് ആ ജ്ഞാനുഭവം അകമേക്ക് സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മരണസമയത്ത് ആ അനുഭൂതി വീണ്ടും പൊന്തി വരും അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും പക്ഷെ ജ്ഞാനം അല്പം പ്രകാശിച്ചിട്ടുണ്ടെങ്കിൽ മരണസമയത്ത് അത് തെളിഞ്ഞേ പറ്റുകയുള്ളൂ നഷ്ടപ്പെട്ടു പോകില്ല സർവാപ്യേവ കലാജന്തോ അനഭ്യാസേനശ്യതി ഇ്ഞാനകലാത്യന്ത സകൃജ്ജാത അഭിവർദ്ധതയെന്നാണ് ഈ ജ്ഞാനമാകുന്ന വസ്തു അത് ഒരിക്കൽ പ്രകാശിച്ചാൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും മരണസമയത്ത് നമ്മളെ രക്ഷിക്കും രക്ഷിക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം ശരീരം ഞാനാണെന്ന് കരുതിയാൽ മരണം വരുമ്പോ ഞാൻ മരിക്കുന്നു എന്നുള്ള അപാരമായ ഭ്രമം ഉള്ളിൽ പിടികൂടും സൂക്ഷ്മ ശരീരത്തിന് പുനർജന്മത്തിന് കാരണം തന്നെ മരണ സമയത്ത് ഈ ദേഹം ഞാനാണെന്നുള്ള ഭ്രമമാണ് ആ ഭ്രമം പാടെ വിട്ടകലണമെങ്കിൽ സദ്ഗുരു കൃപ സത്സംഗം ഭഗവാന്റെ കൃപ നമുക്ക് നമ്മളുടെ മേലെ വീഴുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ജ്ഞാനികളുടെ സമ്പർക്കം ഉണ്ടാകുന്നു ജ്ഞാനികൾ നമുക്ക് പുതിയതായിട്ടൊന്നും തരണില്ല നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ അതിനെ നമുക്ക് കാണിച്ചു തരണം പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ ആ തരുന്നത് പോയി പോകും പക്ഷെ ഉള്ളതിനെ കാണിച്ചു തരുകയാണോ പുതിയതായിട്ടൊന്നും തരാനില്ല ഇവിടെ പുതിയതായിട്ട് വരുന്നതൊക്കെ പോകും നമുക്ക് എന്താണോ വാസ്തവത്തിലുള്ളത് അതിനെ മറമാറ്റി നമുക്ക് വസ്തുസ്ഥിതിയെ കാണിച്ചു തരാനാണോ ഒരു സദ്ഗുരു ഭവാപവർഗോ ഭ്രമതാം ഭ്രമത്തോ യഥാ ഭവേത് ജനസ്യതർഹി അച്യുത സത്സമാഗമ സത്സംഗമോ യർഹി തദൈവ സദ്ഗതൗ പരാവരേഷേ ത്വ ജാതേ മതിഹി ഭാഗവതത്തിൽ മുജുകുന്ദ സ്തുതിയിൽ മുജുകുന്ദൻ പറയുന്നു ഈ സംസാര ചക്രത്തിൽ ചുറ്റ ചുറ്റലെന്ന് വെച്ചാൽ എന്താ ഇവിടെ ചുറ്റലും തിരിയലും ഈ ശരീരാ ശരീരത്തിനെ ഞാനെന്ന് ധരിക്കുന്നത് തന്നെ മനസ്സിനെ ഉണ്മയെന്ന് ധരിക്കണത് തന്നെ ഞാനൊരു ജീവനാണ് എന്നുള്ള ഭ്രമമാണ് ഈ ചുറ്റലിന് മൂല കാരണം ഭവം എനിക്കിനിയും ആയിത്തീരണം ആയിത്തീരണം ഞാനിപ്പോ ശരീരമാണ് ഇനി വേറെ എന്തെങ്കിലും ആവാൻ പോണോ ഈ ഭ്രമം ഈ ഭ്രമം മുഴുവൻ നിലച്ചു പോകുന്നത് ഇല്ലാതാവുന്നത് സത്സമാഗമഹ സത്സമാഗമ സത്വമായിട്ടുള്ള സമാഗമം ഉള്ള വസ്തു ഉള്ള വസ്തു എന്താണ് ഭഗവാൻ ഭഗവാനെ അറിഞ്ഞ ജ്ഞാനികൾ ജീവൻ മുക്തന്മാർ ആ ജീവൻമുക്തന്മാരുടെ പരമഭാഗവതോത്തമന്മാരുടെ സംഗമം ഉണ്ടാകുമ്പോ ഈ ജീവന് ഞാൻ ശരീരമല്ല എന്നുള്ളത് വെറും ഒരു അറിവല്ല അനുഭവമായിട്ടുള്ളിൽ പ്രകാശിക്കണം ഇതിനൊക്കെ വെറുതെ തത്വം പറഞ്ഞാൽ ചിലപ്പോൾ പിടികിട്ടില്ല ഒരു ഉത്തമ കഥ പറയാം എനിക്ക് പരിചയമുള്ള കഥ എല്ലാം അധികവും പരിചയമുള്ള കഥയാണ് ഒന്നും ഉണ്ടാക്കുക കഥയില്ല എനിക്ക് പരിചയമുള്ള കഥ എന്ന് വെച്ചാൽ ഒക്കെ മഹർഷിയുമായിട്ട് രമണ മഹർഷിയുമായിട്ട് ചേർന്നിട്ടുള്ള കഥകളാണ് രമണാശ്രമത്തിലെ അടുക്കളയിലെ നടേശയ്യർ എന്ന് പറഞ്ഞൊരു പാചകക്കാരനുണ്ടായിരുന്നു ഹാൾ നടേശ് ഇർന്ന് ചൊല്ലുക അവര് ഹാൾ നടേശ്ശയ്യർ വിത്ത് രമണ മഹർഷിയില് അദ്ദേഹം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചിദംബരത്തിൽ ജനിച്ച ചിദംബരത്തിൽ ജനിച്ച് ചിദംബരത്തിൽ വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്നു വിവാഹിതനായി അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നു എന്തോ അറിയില്ല പക്ഷെ ഭാര്യ സദാ അദ്ദേഹത്തിന് ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും ഇക്കാലത്ത് അദ്ദേഹം ആശ്രമ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ നാല് പാട്ടിമാർ അവർ കൂടെ വേല പണ്ടെടുത്ത് അവ ഇവരെ തെട്ടുവ അപ്പൊ ഇവർ ചൊല്ലുവർ ഒരു പൊമ്മനാട്ടിയുടെ തപ്പിച്ചുക്കണു ഓടി വന്ന് നാലു പൊമ്മനാട്ടികൾ കിട്ടിബരത്തിലെ ഗൃഹസ്ഥനായിരുന്നു കുടുംബസ്ഥനായിരുന്നു പരമദരിദ്ര കുടുംബം പാചക ജോലി പാചകം നല്ലവണ്ണം പാചകം ചെയ്യാൻ അറിയാം ഇന്നൊക്കെയാണെങ്കിൽ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാമായിരുന്നു അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലല്ലോ ചാപ്പാടിന് തന്നെ വിഷമാണ് ഭാര്യയാണെങ്കിൽ എപ്പോഴും ഷണ്ട കൂടിക്കൊണ്ടേയിരിക്കും ഒരു ഗൃഹസ്ഥാശ്രമം വെച്ചാൽ അല്പം യോജിച്ചു പോവാണെങ്കിൽ സുഖം പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്യും ൊരു സാധുവുണ്ടായിരുന്നു അവരുടെ ഒരു കഥയുള്ളൂ തമിഴ്ക്കാരാൾക്കെല്ലാം തെരും ഭർത്താവ് ഭാര്യയെ സദാ പേടിച്ച ഭർത്താവ് കാട്ടിൽ പോയിരുന്ന ഒരു കുറ്റിക്കല്ലിനെ ചീത്ത പറയും ഭാര്യയാണെന്ന് സങ്കല്പിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഭാര്യയെ ചീത്ത പറയാൻ ധൈര്യമില്ല അപ്പോഴാണ് അവയാർ അവിടെ വരുന്നത് അവയാർ ഈ ഭർത്താവിനോട് പറയും എന്താ ഈ കുറ്റിക്കലിനോട് വർത്തമാനം പറയണത് അല്ല ഞാൻ ചീത്ത പറയുകയാണ് എന്റെ ഭാര്യയെ ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വരാൻ പോവുകയാണോ എന്ന് പറഞ്ഞു വൃദ്ധയായ താപസിയാണ് പി ഗൃഹസ്ഥൻ ഒരു സന്യാസിനി വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വരാമെന്ന് പറയുമ്പോ എങ്ങനെ വരാൻ പാടില്ല എന്ന് എങ്ങനെ പറയും വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയാ എന്താ സ്ഥിതി അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം നാളെ വരാം നാളെ ഏർപ്പാടാക്കാം എന്നൊരു ഒന്ന് വിളിച്ചുകൊണ്ട് പോവാമെന്ന് നോക്കും തട്ടിക്കഴിക്കാൻ നോക്കുമ്പോൾ ഇവര് സമ്മതിക്കില്ല ഇന്ന് തന്നെ നിങ്ങളുടെ കൂടെ വരാൻ പോകും നിങ്ങൾ എന്ത് കഴിക്കണോ നിങ്ങൾക്ക് എന്ത് കിട്ടണോ അതെനിക്കും കിട്ടട്ടെ അയ്യോ എനിക്ക് കിട്ടണം നിങ്ങൾക്ക് താമ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഭാര്യയുടെ കാലു പിടിച്ച് കൈ പിടിച്ച് ഈ വൃദ്ധയെ ഉമർത്തിയിരുത്തി അവസാന അകത്ത് കൂട്ടിക്കൊണ്ടുപോകും ഇത് മുഴുവൻ അവ്യാറുടെ പാട്ടിൽ തന്നെ വരേണ്ട അവസാന അകത്ത് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഇന്നൊരു ദിവസം ചോറിടാം തിന്നിട്ട് മിണ്ടാതെ പോണമെന്ന് പറയൂ ആ വൃദ്ധയോട് എന്ന് പറഞ്ഞിട്ടാണ് ഭാര്യയെ സമ്മതിക്കുന്നത് ഇല വെച്ചു രണ്ടുപേർക്കും അല്പവും പ്രിയമില്ലാതെ ചോറ് കൊണ്ടുവന്ന് എറിയുകയാണ് ഈ സ്ഥിതി കണ്ടപ്പോ ഊണ് കഴിക്കാതെ ഇരിക്കാണ് വൃദ്ധ ഈ ഗ്രഹസ്ഥന ഇദ്ദേഹം പറഞ്ഞു പാട്ടി ഏ സാപ്പടക്കിയല്ല എത കൊടുത്താലും അത് വിഷം രമണ ഭഗവാൻ രണ്ട് വിഷയങ്ങൾ സാധൂശിഷ്ടം സാധുക്കൾ സാപ്പിട്ട് ഉച്ചിഷ്ടം കിടച്ചത് പ്രസാദം ഒരു നെനപ്പ് ഇല്ലാ രമണോട് ഉച്ചിഷ്ടത്തി നെപ്പാ കൊടുക്കേ മാറ്റാ അവർ ഇലയ ഒരു വത്ത് കൂടെ മിച്ചവയ്ക്കാമ സാപ്പിടുവർ യാറോ ഒരു നാളെയും ഭഗവാനേ ഉച്ചിഷ്ടം കൊഞ്ചം കിടച്ചാ തേവലേ അപ്പു കേട്ട് രമണ മഹർഷിയോട് ചോദിച്ചു ഭഗവാനേ അവിടുത്തെ ഉച്ചിഷ്ടം കിട്ടിയാ വേണ്ടില്ല മഹർഷി ചോദിച്ചു എന്തിനാ ഉച്ചിഷ്ടം അല്ല അത് പ്രസാദം ഓ ഞാൻ ഊണ് കഴിച്ച് ബാക്കി തന്നാ പ്രസാദമാണെന്നാണോ പ്രസാദം എന്താണെന്ന് പറഞ്ഞു തരാൻ കേട്ടോളൂ ഞാൻ ഊണ് കഴിക്കണു എന്റെ ഭോഗത്തിനു വേണ്ടി കഴിക്കണു എന്നുള്ള ഭാവമില്ലാതെ എന്തു ഉണ്ടാക്കി അത് പ്രസാദമാവും അതേപോലെ പ്രിയമായി പാചകം ചെയ്തിട്ട് ആർക്കെങ്കിലും കൊടുത്താൽ അവർക്കത് പ്രസാദമായിരിക്കും ദ്വേഷത്തോടെ കൊടുക്കുകയാണെങ്കിൽ അത് വേഷമായിട്ട് തീരും സ്ത്രീ ദ്വേഷത്തോടെ കൊണ്ടുവന്ന് ഇടുന്ന ചോറ് കണ്ട് അവയാർ എഴുന്നേറ്റു ഇങ്ങനെ പ്രിയമില്ലാതെ കൊടുക്കുന്ന ആഹാരം കഴിക്കരുത് അപ്പൊ എന്തിനാ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നത് എന്ന് സ്ത്രീ ചോദിക്കുകയാണ് അപ്പൊ അവര് പറഞ്ഞു ഇവിടെ വന്നാലല്ലേ നീ കാണിക്കണമൊക്കെ കാണാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ വന്നത് എനിക്കിപ്പോ ആഹാരം കഴിച്ചാലും കഴിച്ചിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല ആ ഗൃഹസ്ഥനെ വിളിച്ചു പറഞ്ഞു ഒരു പാട്ട് പ്രസിദ്ധമായ പാട്ട് ഭാര്യ പതിവ്രതയായി യോജിച്ചിരിക്കുകയാണെങ്കിൽ എത്ര ദാരിദ്ര്യമാണെങ്കിലും കഷ്ടമാണെങ്കിലും കൂടിയിരുന്ന് സന്തോഷമായിട്ടിരിക്കാം വിപരീത സ്വഭാവക്കാരിയാണെങ്കിൽ അല്പവും പറഞ്ഞാൽ കേൾക്കാത്തവളാണെങ്കിൽ സ്വല്ലാമൽ സന്യാസം കൊൾ ആടത്തും പറയാതെ സന്യാസം സ്വീകരിച്ച് പുറപ്പെടാവുന്നതാണ് ഇതൊരു പാട്ടാണ് ഭാര്യ അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കാത്തവരാണെങ്കിൽ അപ്പൊ തന്നെ ഇറങ്ങി പുറപ്പെടാവുന്നതാണ് നടേശയ്യർ ചിദംബരത്തില് അദ്ദേഹത്തിന്റെ ഭാര്യയും ഇതുപോലെയായിരുന്നു ഒരു ദിവസം സഹിക്ക വയ്യാതായപ്പോ ചിദംബരത്തിന്ന് അദ്ദേഹം കയ്യിലുള്ള കാശും എടുത്ത് ട്രെയിൻ കയറി രാമകൃഷ്ണപരമസേ അദ്ദേഹത്തിന് വലിയ ഭക്തിയായിരുന്നു രമണ മഹർഷിയൊന്നും അദ്ദേഹത്തിന് അറിയില്ല സ്വപ്നത്തിൽ അരുണാചലേശ്വര ദർശനം ഉണ്ടായി അദ്ദേഹത്തിന് തിരുവണ്ണാമലയ്ക്ക് വരൂ എന്ന് ഭഗവാന്റെ ആജ്ഞ ചിദംബരത്തിൽ നിന്നും അരുണാചലത്തിലേക്ക് വന്നു എവിടെ പോണമെന്ന് അറിയില്ല ഭഗവാന്റെ ആജ്ഞ എന്താണ് നേരെ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ ആ മാനേജ്മെന്റ് അവരുടെ അടുത്ത് വന്ന് ഇതുപോലെ എനിക്ക് ഭഗവാന്റെ ആജ്ഞ വന്നിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ജോലി തരണോ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ അടിച്ചു തെളിച്ചു അവസാനം അവർ കൊടുത്ത ജോലി എന്താന്ന് വെച്ചാൽ ചന്ദനം അരയ്ക്കാം അമ്പലത്തില് ചന്ദനം അരച്ചുകൊണ്ടിരിക്കും അരുണാചലത്തിനെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് ആരോ ഉപദേശിച്ചു ദേഹത്തിന് ചന്ദനം അരച്ച് ചന്ദന അരച്ച് അവസാന കാലമൊക്കെ അദ്ദേഹത്തിന് കൈ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും കൈ വിറച്ചുകൊണ്ടേയിരിക്കും ചന്ദനായിരിക്കുക അമ്പലത്തിലെ ആ സമയത്ത് ഒരു ദിവസം മഹർഷിയൊക്കെ ഗിരിപ്രദക്ഷിണം ചെയ്യുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടോടെ രമണ ഭഗവാൻ നിർത്തി ഒരു പ്രത്യേക കാരണത്താൽ നിർത്തി പക്ഷെ അന്ന് അതിനു മുമ്പാണ് ഗിരിപ്രദക്ഷിണം ചെയ്തു വരുമ്പോ ഒരു ദിവസം രമണഭഗവാനെ കണ്ടു നടേശ ഇയർ ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ച് തന്നെ രമണ മഹർഷിയെ കണ്ടു കണ്ട സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു തരം ഉണ്ടായി നടേശ ശിവലിംഗം സാളഗ്രാമം ഗണപതി സൂര്യൻ ഇതൊക്കെ വെച്ച് അഞ്ചു മൂർത്തികളെ പൂജിക്കും ദിവസം അത് അമ്പലത്തിൽ തന്നെ ഒരു മൂലയിൽ വെച്ച് പൂജിക്കും അമ്പലത്തിൽ തന്നെ ഗോശാലയുടെ അടുത്ത് എവിടെയോ കിടക്കും അമ്പലത്തിൽ തന്നെ വാസം ചന്ദന അരയ്ക്കുക അവിടെ തന്നെ എന്തെങ്കിലും ആഹാരം കിട്ടും അപ്പോഴാണ് മഹർഷിയെ കാണുന്നത് കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന് ഭാവാവേശം ഉണ്ടായി തന്നെപ്പോലും അറിയാതെ കാന്തം ആകർഷിച്ച പോലെ ഇരുമ്പിനെ ആകർഷിച്ച പോലെ മഹർഷിയുടെ പുറകെ അദ്ദേഹം നടന്നു ആശ്രമം നടന്നു ആശ്രമത്തിൽ വന്നു ദിവസം തന്റെ അമ്പലത്തിൽ ജോലി കഴിഞ്ഞാൽ ഇതൊരു പതിവായി പിന്നെ ആശ്രമത്തിൽ വരാ മഹർഷിയുടെ മുമ്പിൽ വന്നിരിക്കാം നോക്കണം ഒരു ജീവൻ പക്വമുണ്ടെങ്കിൽ ആ ജീവൻ എവിടെങ്കിലും ഒക്കെ ഒരു ദർശനമോ എന്തോ വന്ന് ഗുരു സന്നിധിയിലേക്ക് ആ ജീവൻ പോലും എങ്ങനെയോ ആകർഷിക്കപ്പെടുകയാണ് ആശ്രമത്തിൽ ദിവസം വരാൻ തുടങ്ങി ഒരു ദിവസം അദ്ദേഹം അന്നത്തെ സർവാധികാരി ചിഹ്നസ്വാമികളോട് ചോദിച്ചു ഞാൻ ഇനി ആശ്രമത്തിൽ തന്നെ താമസിക്കട്ടെ എനിക്ക് എന്തെങ്കിലും ജോലി തരും ചിന്ന സ്വാമികൾ പറഞ്ഞു ചമയൽക്കാരൻ തന്നെ എന്നാല ആശ്രമത്തില് ചമയൽ പണ് അറവർ നിറയെ പേർക്ക് ചമയൽ പണ്ടത്തേക്ക് അവർക്ക് നന്നായി തരും പാചകം ചെയ്യാൻ അറിയും അതുകൊണ്ട് പാചകം ആശ്രമത്തിലുള്ള പാചക അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു വളരെ സന്തോഷായി അല്പസമയമേ അപ്പോ അടുക്കള പാചകമാണെങ്കിൽ വളരെ കുറച്ചു സമയമേ മഹർഷിയുടെ കൂടെ കിട്ടുള്ളൂ പക്ഷെ ഒരു ഭാഗ്യം അവർക്ക് കിട്ടും എന്താന്ന് വെച്ചാൽ രാവിലെ രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഭഗവാൻ ചിലപ്പോ പാചകശാലയിലേക്ക് കയറി ഇവരുടെ കൂടെ ഇരുന്ന് പച്ചക്കറി നുറുക്കും പഴയ കഥകളൊക്കെ പറയും പഴയ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കും ഒരു ദിവസം നടേശരവിടെ ഉള്ളപ്പോഴായിരിക്കണം ഒരു വൃദ്ധ ചോദിച്ചു ഭഗവാനെ ചിലരൊക്കെ മരിക്കണ സമയത്ത് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആത്മധ്യാനത്തോടുകൂടെ ശരീരം വിടണം എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ അത് നമ്മളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ മഹർഷി രണ്ടു കാര്യം പറഞ്ഞു ഒരു കാര്യം ഇവിടെ പറയാൻ പാടില്ല അത് ജനറൽ അല്ല മറ്റൊരു കാര്യം മഹർഷി പറഞ്ഞത് സ്വരൂപ വിചാരം ചെയ്ത് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് ആഴ്ന്ന ധ്യാനം ഏർപ്പെട്ട് ഒരിക്കലെങ്കിലും ഈ ശരീരം മനസ്സ് ഇതൊന്നും ഞാനല്ല ഞാൻ ശുദ്ധപ്രജ്ഞയാണെന്നുള്ള ഒരു ചെറിയ ഒരു ഗ്ലിംസ് അകമയ്ക്കുണ്ടാകുകയാണെങ്കിൽ ആ ഗ്ലിംസ് അത് തന്നെ പ്രജ്ഞപ്തി ആ ജ്ഞപ്തി നമ്മളെ വിട്ടു ഇല്ല ആ ജ്ഞപ്തി മരണസമയത്ത് നമ്മളെ രക്ഷിച്ചോളൂ അല്ലാതെ മരണസമയത്ത് നമ്മൾ നമ്മളുടെ അഹങ്കാരത്തിന് ബലം വെച്ചുകൊണ്ട് ഭഗവത് ധ്യാനം ചെയ്യാൻ പറ്റില്ല ശരീരത്തിന് ആരോഗ്യമുള്ളപ്പോൾ ബുദ്ധിക്ക് തെളിച്ചമുള്ളപ്പോൾ തന്നെ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാൻ നമ്മളെ പിടിച്ചോളണം നമ്മൾ ഭഗവാനെ പിടിക്കുന്നത് ആദ്യം പിന്നെ ഭഗവാൻ നമ്മളെ പിടിച്ചോടണം ഭഗവാൻ നമ്മളെ പിടിച്ചാൽ പിന്നെ നമ്മൾ ഭഗവാനെ വിട്ടാലും കുഴപ്പമില്ല ഇതൊക്കെ നമ്മൾ ഭഗവാൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മുടെ സ്വരൂപം എന്ന് ജ്ഞാനഭാഷയിൽ പറയുന്ന അത്രയേ ഇജ്ജീവന്ത അഹങ്കാര ക്ഷയം ഏർപ്പെട്ടു തുടങ്ങിയാൽ മരണ സമയത്ത് ഭഗവത് അനുഭവം ഉണ്ടാകും എന്ന് ഒരു സൂചന അടുക്കളയിൽ വെച്ച മഹർഷി ഒരു വിധവ സ്ത്രീക്ക് നാലഞ്ച് പാട്ടിമാർ പക്വികൾ കുഴഞ്ഞകാലത്തെയ കല്യാണമായി നാലഞ്ചു വയസിലേ ഭർത്താവ് എഴുന്ന അപ്പുറം അന്തലാലേന്ത്യസിലേന്ത് തമിഴില് വേദാന്ത ഗ്രന്ഥം കൈവല്യ നവനീതം വാശിഷ്ടം ഇരുന്ന് പഴുത്തവാ അവൻ കേക്കെ കേൾവികൾ കൂടെ രൊമ്പ ആഴമാറക്കും ഒക്കെ പക്വികളായിട്ടുള്ളവരായിരുന്നു ഈ വിധവകളൊക്കെ ചെറുപ്പത്തിൽ തന്നെ വിധവകളായി പരമവിരക്തന്മാരും അവർക്ക് ലോകത്തിലൊന്നും നേടാനില്ല അപ്പൊ ഈ നടേശയ്യർ അന്നുമുതൽ വളരെ ജാഗ്രതയോടുകൂടെ സമയം കിട്ടുമ്പോ ഭഗവാന്റെ സന്നിധിയിൽ ചെന്നിരിക്കും പക്ഷെ ഇദ്ദേഹത്തിന് ഒരേ ഒരു കുഴപ്പം ദേഷ്യം വരും ദേഷ്യം എന്നാൽ ആദ്യമൊക്കെ ചെയ്യുന്നത് കിടന്നു ഉരുളും അരുണാചല അരുണാചല ശിവ പാടിക്കൊണ്ട് ഉരുളും മണ്ണിൽ കിടന്നിട്ട് ആരോടും ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക് മണ്ണിൽ കിടന്ന് ഉരുളും ഒരു ദിവസം അദ്ദേഹം തീരുമാനിച്ചു ദേഷ്യം വരാതിരിക്കാൻ എന്താ വഴി രമണ ഭഗവാനോട് ചെന്ന് ചോദിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി പോയി പോയപ്പോ നോക്കണം നമുക്ക് ചോദിക്കാൻ ചോദിക്കണം എന്നുള്ള ഇച്ഛ പോലും നമ്മളുടെ അല്ല എന്നുള്ളതിനൊരു തെളിവാണിത് ചോദിക്കണം എന്ന് പറഞ്ഞ് പോയ ആള് അവിടെ ചെന്നപ്പോ ചോദിച്ചത് സ്വാമി ഭഗവാന് ന ഒരു അരുണാക്ഷല പ്രദക്ഷിണം പണിയിട്ട് വരട്ടുമാ അറവർ ചോദിക്കാൻ പോയത് ദേഷ്യപ്പെടാതിരിക്കാൻ എന്താ വഴി എന്ന് ചോദിക്കാൻ പോയ ആള് അവിടെ പോയപ്പോ ഞാനൊരു ഗിരിപ്രദക്ഷിണം ചെയ്യട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ആ ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ലാന്നർത്ഥം ആ ധാരാളമായി പണിയിട്ട് വാ എന്നാ പണല്ലാമേ പണ്ണീട്ട് വാ അന്നുമുതൽ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ അദ്ദേഹം ഗിരി പ്രദക്ഷിണം പോകും ആ നാലു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒക്കെ തണുത്തിട്ട് ശാന്തമായിട്ട് തിരിച്ചു വരും കാര്യമായിട്ട് വലിയ സാധനൊന്നും അദ്ദേഹം ചെയ്യുന്നത് കാണാൻ കണ്ടിട്ടില്ല അടുക്കളയിൽ തീവ്രമായ ജോലി സദാ ജോലി ഈ വൃദ്ധകളൊക്കെ നല്ലവണ്ണം പണിയെടുപ്പിക്കുകയും ചെയ്യും അദ്ദേഹം പണിയെടുക്കുക എന്ത് പറഞ്ഞാലും ചെയ്യും മെലിഞ്ഞ ശരീരം കുടിക്കുട് കുടുക്കുട് കൊടുക്കും ഓടിക്കൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ നടേശയ്യർ കൊഞ്ചീ വേണമേ അപുന്ന് കേട്ടാ ഓം അപു എന്നെ കേട്ടാലും ഓം അപു എല്ലാത്തിനും അദ്ദേഹത്തിന്റെ ഉത്തരം ഓം എന്നാണ് ഓം എന്ന് പറഞ്ഞ് ഓടിപ്പോ വരും വളരെ സിംപിളായിട്ടുള്ള ആള്